ം പതിനാല് അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു ഇസ്രയേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപിറുത്തു സഭ ഒക്കെയും അവരോടും മിസ്രൈൻ ദേശത്തു വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു കൊള്ളായിരുന്നു അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായിപ്പോകുമല്ലോ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു നാം ഒരു തലവനെ നിശ്ചയിച്ച് മിശ്രൈമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അപ്പോൾ മോശയും അഹരൂനും ഇസ്രയേൽ സഭയുടെ സർവ സംഘത്തിന്റെയും മുമ്പാകെ കവിണ് വീണു ദേശത്തെ ഒറ്റ നോക്കിയവരിൽ നൂന്റെ മകൻ യോശുകയും യഹൂന്നയുടെ മകൻ കാലേബോപ്പും വസ്ത്രം കീറിയും ഇസ്രയേൽ മക്കളുടെ സർവസഭയോടുകൂടി പറഞ്ഞത് എന്തെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന നമുക്ക് അത് തരു യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രം അരുത് ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത് അവർ നമുക്ക് അവരുടെ ശരണം പൊയ്ക്കോയിരിക്കുന്നു നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത് എന്നാറേ അവരെ കല്ലെറിയണമെന്ന് സഭയെല്ലാം പറഞ്ഞു അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രയേൽ മക്കളും കാണേ പ്രത്യക്ഷമായി യഹോവ മോശയോട് ഈ ജനം എത്രത്തോളമുളം എന്നെ നിരസിക്കും ഞാൻ അവരുടെ മധ്യെ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടുമിട്ടും അവർ എത്രത്തോളമുളം എന്നെ വിശ്വസിക്കാതിരിക്കും ഞാൻ അവരെ മഹാമാരിയായാൽ ദണ്ണിപ്പിച്ച് സംഹരിച്ചു കളയുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു മോശ യഹോവയോട് പറഞ്ഞത് എന്നാൽ മിശ്രയും അത് കേൾക്കും നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയായാൽ കൊണ്ടുപോകുന്നുവല്ലോ അവർ ഈ ദേശനിവാസികളോടും കൂടും പറയുകയും നീ ഈ ജനത്തിന്റെ മധ്യയോ ഉണ്ടെന്ന് കേട്ടിരിക്കുന്നു യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്കുമീതേ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലെ രാത്രി അഗ്നിസ്തംഭത്തിലെ നീ ഇവർക്കു മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികളികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായിക കൊണ്ട് അവനവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും യഹോവ ദീർഘക്ഷമയും മഹാദേയം ഉള്ളവനവൻ അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവനവൻ കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും യും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവ് ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേമേ നിന്റെ മഹാദയക്ക് തക്കവണ്ണമെന്നും മിശ്രയും മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിന്റെ അകൃത്യം ക്ഷമിക്കണമേമേ അതിന് യഹോവാ അരുളി നിന്റെ അപേക്ഷപ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം ഈ ഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും എന്റെ തേജസ്സും മിശ്രീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ പത്തു പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള അവർ കാണുകയില്ല എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല എന്റെ ദാസനായ കാലേ ബോബോ അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടുണ്ടും എന്നെ പൂർണമായി അനുസരിച്ചത് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കിരിക്കും അവന്റെ സന്തതി അത് കൈവശമാക്കും എന്നാൽ അമാല്യക്കരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നതുകൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിംഗലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുമു യോവ പിന്നെയും മോശയോടുും അഹരോനോടു അരുളി ചെയ്തത് ഈ ദുഷ്ട എനിക്ക് വിരോധമായി പെറുപെറുക്കം ഇസ്രയേൽ എനിക്ക് വിരോധമായി പെറുപെറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അവരോട് പറവി ഞാൻ കേൾക്കേ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവാ അരുളി ചെയ്യുന്നു ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും യഹൂന്നയുടെ മകൻ കാലേപൂമ്പും നൂന്റെ മകൻ യോശുവയും ഒഴികേക്ക് ഇരുപത് വയസ്സുമുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പെറുപെരുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെ ഞാനതിനാൽ കടക്കുമാറാക്കും നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശാംശം അവർ നിങ്ങളോ നിങ്ങളുടെ ശവമോ ഈ മരുഭൂമിയിൽ വീഴും നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ നാൽപ്പത് സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്തിയ ഭംഗം വഹിക്കും ദേശം ഒറ്റ നോക്കിയ നാൽപ്പത് ദിവസത്തിന്റെ എണ്ണത്തിനൊപ്പവെണ്ണം ഒരു ദിവസത്തിന് ഒരു സംവത്സരം വീതം നാൽപ്പത് സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ട സഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും ഈ മരുഭൂമി അവർ ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ദേശം ഒറ്റ നോക്കുവാൻ മോശ അയച്ച വരും മടങ്ങിവന്ന് ദേശത്തെക്കുറിച്ച് ുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവനു വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ മരിച്ചു എന്നാൽ ദേശം ഒറ്റനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂന്റെ മകൻ യോശുവായും യഫൂന്നയുടെ പുത്രൻ കാലേ മരിച്ചില്ല പിന്നെ മോശ ൾ ഇസ്രേൽ മക്കളോടൊക്കെയും പറഞ്ഞു ജനം ഏറ്റവും ദുഃഖിച്ചു പിറ്റേന്ന് അവർ അധികാലത്ത് എഴുന്നേറ്റു ഇതാ യഹോവ ഞങ്ങൾക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി അപ്പോൾ മോശ നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു അത് സാധ്യമാകയില്ല ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത് യഹോവാ നിങ്ങളുടെ മധ്യയെ ഇല്ല അമാലേക്കരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ വാളാൽ വീഴും നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കോടു കൂടെ ഉണ്ടായിരിക്കേയില്ല എന്നു പറഞ്ഞു എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി യഹോവയുടെ നിയമപ്പെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ല താനും എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാലീക്കരും കനാന്യരും ഇറങ്ങിവന്ന് അവരെ തോൽപ്പിച്ച് ഖോർമ വരെ അവരെ ഛിന്നിച്ച് ഓടിച്ചു